കിശ്രമത്തെ ഞാനി എന്നുള്ള പറയുന്നു കട്ടിത പേരെന്ന് പറയുന്നതാണ് അത്യേക എല്ലാ പാടില്ലെന്ന് പറയുമ്പോൾ തത്വത്തെ ഉപദേശിക്കുമ്പോൾ കട്ടിതം എന്ന് വെച്ച് അസത്യമാണ് അസത്യോപദേശിക്കുന്ന പാഠങ്ങളാണ് അപ്പോ ഇവിടെ അത്ര ഇനി പറയുന്നു ശരിയാക്കും പറയുന്നുണ്ടെങ്കിലും ഭേദവ്യവഹാരമാകാം അഭേദജ്ഞാനം ഉണ്ടെങ്കിലും പറഞ്ഞാൽ അഭേദജ്ഞാനം സത്യമാണ് ഭേദവ്യവഹാരം അത്യുണ്ട് ജ്ഞാനികളിലും ഭേദവ്യവഹാരം ഉണ്ടെന്നാണ് ഇതാണ് വെങ്കടനാഥന്റെ മറുപടി അതിന് എന്നൊരു പ്രശ്നം അദ്ദേഹം പറയുന്നതുപോലെ രാമായണത്തിനും ഒരു പരസ്പരം മനസ്സിലാക്കി അല്ല സംസാരിക്കുന്നു പരശുരാമൻ രാമന് അവതാരമെന്നറിയുന്നു രാമൻ പരശുരാമന് ഏവനും ബ്രാഹ്മണനെന്നെ അറിയുന്നു അവതാരമാണെന്നും രണ്ടുപേരും എന്നും അറിയുന്നു രാമനെ അറിയുന്നു എന്നുള്ള ഒരു ധാരണയിൽ ആണ് വേഗനാഥൻ എഴുതിയത് പക്ഷേ രാമായണത്തിൽ ഇല്ലാത്ത പേരെയും കൊണ്ട് അടുത്തു വരുന്ന രണ്ടു ഒന്ന് നിവൃത്ത ജ്ഞാനം ജ്ഞാനം അതോടൊപ്പം വരുന്ന അജ്ഞാനരാഹിത് രണ്ടു കാര്യങ്ങൾ ചർച്ച ഒന്ന് അജ്ഞാന നിവൃത്തി മറ്റൊന്ന് അജ്ഞാനരാഹിത് രണ്ടെന്നുള്ള വ്യത്യാസം ഇവിടെ രാമാനുചാരി പരാമർശിക്കുന്നത് അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നതിന് സാധാരണ സാധാരണ മനുഷ്യരല്ല മനുഷ്യരായി ജനിച്ചിട്ട് അവർ യോഗ്യതയുള്ളവർ ഗുരുവിനെ സമീപിച്ച് ഉപദേശം നേട്ട് തത്വജ്ഞാനികളായി മാറുന്നു തത്വജ്ഞാനിയാകുമ്പോൾ അവരുടെ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനകാര്യങ്ങളും നശിക്കുന്നു ഇപ്പൊ പ്രപഞ്ചം നിവർത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അജ്ഞാന നിവൃത്തി കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ എന്നോട് വീണ്ടും അറിയാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നത് ഭഗവാനെ ഉണ്ടോ എന്നില്ല എന്നാണ് മറുപടി അദ്ദേഹം പറയുന്ന രണ്ടാമത് പറയുന്നത് അജ്ഞാനരാഹിത്യം ഭഗവാനുള്ള അജ്ഞാനരാഹിത്യമുണ്ട് അജ്ഞാനാഭാവം അതിലെന്ന് പറയുന്നില്ല അത ശ്രദ്ധിച്ച് മനസ്സിലാകും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നി എനിക്ക് വിവരമില്ല ഇതിലങ്ങനെ ഒരു കുഴപ്പമാണ് അദ്വൈത അദ്വൈതുകൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ y acá un nombre. ഇതിന്റെ കുഴപ്പമായിരുന്നു എല്ലാരോങ്ങ് പറയും പോയിരുന്ന നമ്മുടെ ശരീരം തന്നെ പറയും അവർക്ക് കേട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അത് ശരിയെന്ന് അജ്ഞാനരാഹിക്കും അജ്ഞാന നിവൃത്തി ഇത് കുറച്ച് വെച്ചാൽ ശരിയാവും കേട്ടാ അജ്ഞാനരാഹിക്കും അജ്ഞാന നിവൃത്തി കേട്ടാരില്ലേ അപ്പൊ ഈ രണ്ടു വർഷം ും പ്രശ്നമാണ് അങ്ങനെ കുഴപ്പം ആ അത് പതുക്കിരുന്ന് ഒരാളത് ശരിയായിക്കൊണ്ടേ ഇരിക്കാം ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റുമോ നിർത്തിയാൽ കേൾക്കില്ലേ രണ്ട് പ്രശ്നമുണ്ടായി ഞാനൊന്നും അജ്ഞാനങ്ങൾ ഉത്സാഹിപ്പിച്ചു അജ്ഞാനം നോക്കി ഭഗവാനോടൊപ്പം ഇല്ല അജ്ഞാനുടെ ഐക്യോടോ ഇല്ല അതെങ്ങനെ വിശദീകരിക്കുന്നു സാധാരണ മനുഷ്യരെല്ലാം തത്വജ്ഞാനികളും അജ്ഞാനം നോക്കി ഭഗവാനെ അജ്ഞാനം നോക്കി എന്തുകൊണ്ട് ഭഗവാൻ സർവജ്ഞനാണ് അപ്പൊ ഭഗവാനിന് എനിക്കൊരു ണ്ടായിട്ടേ ഇല്ല അപ്പോ അജ്ഞാന ഭഗവാനെ സംഭവിക്കില്ല മനുഷ്യർക്ക് സംഭവിക്കുന്നു അത് സംഭവിക്കുന്ന സർവജ്ഞനാണ് എന്നാൽ അജ്ഞാനൊരാഹിത്യവും ഇല്ല അത് ആവശ്യമാണ് അജ്ഞാനൊരാഹിത്യവും ഉണ്ടാകുമ്പോഴല്ല അവിടെയാണ് വേണ്ടനാഥ തൻ്റെ എല്ലാ അദ്വൈതത്തിനും സാധാരണ പറയുന്ന കാര്യം അതായത് ഭഗവാൻ ഈ ജഗത്തിനെ മായാശക്തി കൊണ്ടാണ് ഈ മായാശക്തി കൊണ്ട് ജഗത്തിനെ സൃഷ്ടിക്കുമ്പോൾ ഈ മായ ഭഗവാനും ബന്ധിക്കുന്നില്ല മായ ഭഗവാൻ അധീനമാണ് അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ജഗത്ത് എന്ന് പറയുന്നത് മായാ ഈ മായ എന്ന് പറയുന്നത് ഇന്ദ്രജാലം പോലെയാണ് ഉദാഹരണമായി പറയുന്ന ഇന്ദ്രജാലം ഭാഷകാലം മറ്റും പറയുന്നു ഇന്ദ്രജാലത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ദ്രജാലം കാണിക്കുന്ന ആളെന്നറിയാം ഇന്ദ്രജാലത്തിന് ആന ഇന്ദ്രജാലമാണ് പക്ഷെ ഇന്ദ്രജാലം കാണുന്നവന് സത്യമായി അനുഭവം അപ്പോൾ കൊണ്ട് സൃഷ്ടിക്കുന്ന ഈ ജഗത്ത് ആ സൃഷ്ടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമാണെന്നറിയാം അതുകൊണ്ട് അവ സൃഷ്ടിക്കുന്ന ആളുകൾ മായാവിക്ക് ജഗത്ത് ബന്ധിക്കുന്ന ഒരു സാധനമല്ല അവിടെ സർവജ്ഞനായ കൊണ്ട് ഇനി ഈ അജ്ഞാനം എന്ന് പറയുന്നത് ഈ മായയിൽ തന്നെ മായ അജ്ഞാനം എന്നതാണ് ഇത് ചർച്ച ചെയ്യുന്ന ഇങ്ങനെയൊരു പ്രക്രിയ വരുമ്പോൾ മായയും അജ്ഞാനവും ഒന്നായിട്ട് തന്നെ സ്വീകരിക്കുന്നു ചിലടത്ത് രണ്ടായി സ്വീകരിക്കും ഇവിടെയെങ്കിലും ഞങ്ങളുടെ നാഥിൽ മായയും അജ്ഞാനവും ഒന്നായിട്ട് സ്വീകരിക്കും മായ അജ്ഞാനവും പറയുന്നത് ദോഷവും കാരണം അത് ആണ് ജീവന്മാരെയൊക്കെ മോഹിപ്പിക്കുന്നത് ജീവന്മാരെയൊക്കെ അജ്ഞാനികളാക്കുന്നതി മായ അത് അജ്ഞാനം കൊണ്ട് പിന്നെ ജ്ഞാനവും അജ്ഞാനവും ഭഗവാൻ ഒരുമിച്ചിരിക്കുമോ എന്ന് ചോദിച്ചാൽ ദോഷം എന്തുകൊണ്ട് ഈ മായ അങ്ങനെയുള്ള അജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ആവരണം ചെയ്യുന്ന ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന അജ്ഞാനം ഒരിടത്തിരിക്കില്ല അതാണ് ജീവനത്തിൽ ഇതുവൻ്റെ അജ്ഞാനമുണ്ട് അത് അവന്റെ ജ്ഞാനത്തെ ആവരണം ചെയ്തിട്ടുണ്ട് ജ്ഞാനം ഉണ്ടാവുമ്പോ അജ്ഞാനം ഭഗവാനാവുന്ന പ്രശ്നം അവൻ സർവജ്ഞനായത് കൊണ്ടും ഭഗവാന്റെ അജ്ഞാനമായ തനിക്കതീതമായതുകൊണ്ട് ഭഗവാനല്ല എന്തുണ്ട് അജ്ഞാനം ആകുന്നമായ അതുകൊണ്ട് ഞാനും ഉണ്ട് പ്രശ്നമൊന്നു വെച്ചു സർവജ്ഞനാണ് ഇതൊരു ഇന്ദ്രജാലം പോലെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഇന്ദ്രജാലം കാണുന്നവരാണ് നമ്മളെല്ലാവരും ഭഗവാന്റെ ഈ ഭഗവാന്റെ ഇന്ദ്രജാലം എന്താണ് ദ്വൈതജത്ത് ഇത്രയും കൃത്യമായ സർ ഭഗവാന്റെ ഇന്ദ്രജാലമാണ് ദ്വൈതജത്ത് ആ ഇന്ദ്രജാലം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവർക്കും നമ്മൾ ആരും തന്നെ ഭഗവാന്റെ ഇന്ദ്രജാലമാണെന്ന് അറിയുന്നില്ല ഭഗവാന് അറിയും മിഥ്യയായ യുജകത്തിനെ മിഥ്യയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാന് അജ്ഞാനങ്ങളിലാണ് മിഥ്യയായ യുജകത്തിനെ സത്യമായി കാണും നമ്മളെല്ലാം അജ്ഞാനികളാണ് ഇങ്ങനെയാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അപ്പോ അജ്ഞാനരാഹിത്യം അജ്ഞാനത്തിൻ്റെ ഇല്ലായ്മ അത് ഭഗവാനില്ല അതോടെയുണ്ട് അതങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിനു വേണ്ടി കാരണം ഭഗവാൻ അർജുന തൃത്വം ഞാനത് ഉപദേശിച്ചു ഞാനോ ഉണ്ടായി ഭഗവാനും ഞാനോ ജ്ഞാനവും അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം നശിച്ച അജ്ഞാനകാര്യമായി ജകത്ത് നശിക്കുന്നു ജഗത്ത് നശിച്ച് പിന്നെ ഉപദേശം സാധ്യമാകുന്നു രാജ്യത്തെ പ്രശ്നമാണ് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച എന്താണ് മായാരൂപത്തിലുള്ള അജ്ഞാനം ഉണ്ട് ഇവിടെ അജ്ഞാനകാര്യമായ ജഗത്തും അതുകൊണ്ട് എന്താണ് ജഗത്ത് നശിക്കുന്ന ബാധിക്കുന്ന ഒരു പ്രശ്നമേ നശിക്കുന്ന ഇല്ലാതായി അത് ആർക്കു വേണോ ഞാൻ ഉണ്ടായിക്കുന്നോട്ടെ മായാരൂപത്തിലുള്ള അജ്ഞാനം ഇവിടെ ഉണ്ടാവും അതിന്റെ കാര്യമായ ജഗത്തും ഉണ്ടാവും അപ്പോ ഭഗവാൻ എന്ത് ചെയ്യാം അർജുനൻ ഉപദേശിക്കും ഇത് മൊത്തം കേൾക്കുമ്പോൾ കുഴപ്പമുള്ളത് വരെ നോക്കത്തോന്നു ഇതിനകത്ത് കുഴപ്പമുണ്ട് കുഴപ്പമെന്ന് പറയുന്നത് അദ്വൈതത്തിലെ ഇങ്ങനെ ഓരോ സിദ്ധാന്തങ്ങൾ ഓരോ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ട് വിശദീകരിക്കുകയാണ് അപ്പൊ ആ ഏതൊരു സിദ്ധാന്ത ഭാഗമാണോ ഉദാഹരണത്തിൽ നിന്ന് എടുക്കേണ്ടത് ഏതൊരു സിദ്ധാന്ത ഭാഗത്തെ സമർത്ഥിക്കാനാണോ ഉദാഹരണത്തിൽ നിന്നൊരംശം എടുക്കേണ്ടത് ആ അംശം ആ സിദ്ധാന്തഭാഗത്തിന് യോജിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുള്ളതെന്ന് പറയും ദൃഷ്ടാന്തം ദാഷ്ടാന്തി എന്തിനാണോ ഉദാഹരണം പറയുന്നത് അതിന് ദാഷ്ടാന്തികം എന്ന് പറയും എന്താണോ പറയുന്നത് ഉദാഹരണമായ അതിന് ദൃഷ്ടാന്തം ഇങ്ങനെ യുക്തി ഒരു കാര്യത്തെ വിശദീകരിക്കാൻ പറ്റും വ്യക്തി വിചാരത്തിലൂടെ വിശദീകരിക്കുമ്പോൾ അവിടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരേണ്ടി ഉദാഹരണം കൊണ്ടുവരും അല്ലാതെ വിശദീകരിക്കാൻ പറ്റില്ല അദ്വൈതം മുഴുവൻ വിശദീകരിക്കുന്ന നമ്മുടെ എല്ലാ ദർശനങ്ങളും വിശദീകരിക്കുന്ന പർവ്വതത്തിൽ പുക കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ തീ ഉണ്ടായിരിക്കും ഇതുപോലെ അടുക്കളയിലെ പോലെ ഇങ്ങനെ പറയാൻ സ്വീകരിക്കുന്നത് വിചാരമെന്ന് പറയുന്ന ഈ രീതി അപ്പൊ ഇവിടെ ഈ പറയുന്നതിന് കുഴപ്പമുണ്ട് അദ്ദേഹം പറയുന്നു ഈ ഉദാഹരണത്തിനൊക്കെ കുഴപ്പമുണ്ട് ഒരു കുഴപ്പം എന്താണ് ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ ജഗത്തിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെല്ലാം കാഴ്ചക്കാർ എന്ന് പറയുന്നത് അബദ്ധമാണ് ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ജഗത്തിനകത്താണ് എന്തുകൊണ്ടും നമ്മളെയും സൃഷ്ടിച്ചത് എന്താണ് മായ അപ്പൊ ഇതെ നമുക്ക് ജഗത്തിന് പുറത്ത് ഇന്ദ്രജാലം പറയും ഇന്ദ്രജാലത്തിന് പുറത്തിരുന്ന് നമ്മൾ ഇന്ദ്രജാലം കാണുകയാണ് അതുപോലെ നമുക്ക് ജഗത്തിന് പുറത്തിരുന്ന് ഈ ഇന്ദ്രജാലം കാണാൻ പറ്റില്ല കാരണം നമ്മൾ അതിൽ പട്ടിരിക്കുകയാണ് നമ്മൾ ഇന്ദ്രജാലത്തിൻ്റെ ആനയുടെ കുതിരയുടെ പ്രസ്ഥാനത്തോ ഇവിടെ അദ്വൈതി പറയുന്നത് ഇന്ദ്രജാലത്തിന് പുറത്തിരുന്നു ഇന്ദ്രജാലത്തെ കണ്ടു വ്യാമോഹിക്കുന്നു അത് അബദ്ധമാണ് എന്തുകൊണ്ട് എല്ലാ ഇന്ദ്രജാല സൃഷ്ടിക്കാണ് ജകത്ത് ദ്വൈത പ്രപഞ്ചം അതിന്റെ പുറത്തിരുന്നു ഒരാൾക്ക് ഇനി അർജുനന്റെ കാര്യം കൊടുക്കാം എന്തായാലും അർജുനൻ മുഖം പുറത്തല്ല അകത്തായിരിക്കും എന്തുകൊണ്ട് അർജുനന് സൃഷ്ടി കിടക്കുന്നു അവിടെ എന്തായി അദ്വൈനയുടെ ഒരു സ്റ്റാർ പോയി പുറത്തിരുന്ന് ഇന്ദ്രജാലത്തെ കാണുന്നു എന്ന് പറയുന്നതേ പോയി പിന്നെ അകത്തുകൊണ്ടുവരണം അർജുനന് ഇന്ദ്രജാലത്തിനകത്താണ് ഞാനും നിങ്ങളും എല്ലാം ഇന്ദ്രജാലത്തിനകത്താണ് ഇന്ദ്രജാലത്തിന് പുറത്തിറങ്ങുന്ന ഒരാളാണ് ആര് ഭഗവാൻ മാത്രം ഇന്ദ്രജാലത്തിന് പുറത്തിരുന്നു ഇതിനെല്ലാം കാണും ബാക്കിയെല്ലാവരും ഇന്ദ്രജാലത്തിൽ പെട്ടെന്ന് അതിനകത്താണെങ്കിൽ ഒരു ചോദ്യം വരും ഈ അകത്തിരിക്കുന്ന അർജുനൻ ഭഗവാനിൽ നിന്ന് ഭിന്നനാണോ അഭിന്നനോ അദ്ദേഹമനുസരിച്ച് ഈ ഭഗവാൻ ഇന്ദ്രജാലക്കാർ ഇന്ദ്ര ഇന്ദ്രജാലം കാണുന്നവരും കാണിക്കുന്നവനും പുറത്താണ് ഉള്ളില നമ്മള് ഒരു ഇന്ദ്രാജാലം കാണുമ്പോൾ നമുക്ക് ഇന്ദ്രാജാലത്ത് കയറിയിരിക്കാൻ പറ്റുമോ നമ്മൾ ടിക്കറ്റ് എടുത്ത് സ്റ്റേജില് ഓഡിയൻസിലിരിക്കുകയാണ് ഇന്ദ്രാജാലക്കാരെ സ്റ്റേജിൽ നിന്ന് കാണിക്കും പറ്റുകയുള്ളു ഏ ഇന്ദ്രാജാലത്തിന്റെ ആനയും മുതിരയൊക്കെ നമ്മളാകും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നത് കാണും ഇത് ഈ പറയുന്ന വിവരൊക്കെ എന്റെ വിവരൊക്കെ ആണെന്ന് ഇപ്പോൾ ഇതൊക്കെ ഈ ആരാണ് വേങ്കടനാഥൻ ആചാര്യൻ എടിവെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നു ഞാൻ ഒന്നും അതിന് എന്റെ കയ്യിൽ നിന്നൊന്നും വിടുന്നില്ല അദ്വൈതിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്വൈതി പറയുന്ന അബദ്ധങ്ങൾ ഞാൻ എടുത്തു പറയുന്നു പ്രധാനമായും പറയുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഇന്ദ്രജാലമാണ് ഭഗവാന്റെ ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം എന്താണ് ഇന്ദ്രജാലത്തിന്റെ കാഴ്ചക്കാർ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ദ്രജാലത്തിന്റെ കാഴ്ചക്കാരാണെങ്കിൽ ഇന്ദ്രജാലത്തിന്റെ പുറത്തിരിക്കുന്നു ആദ്യത്തെ പക്ഷം അതിരിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അവിടെ പറയുന്ന അനുസരിച്ച് ഇങ്ങനെയാണ് ഇന്ദ്രജാലത്തെ കാണുന്നവരാണ് അത് വ്യത്യാസം ഒന്നാണ് ഭഗവാൻ ഇന്ദ്രജാലത്തെ ഇന്ദ്രജാലമായി അറിയുന്നു നമ്മൾ പുറത്തിരുന്നു കൊണ്ട് ഇന്ദ്രജാലത്തെ സത്യമായി അറിയും അതുകൊണ്ടാണ് നമ്മൾ പുറത്തിരിക്കണമെന്ന് പുറത്തിരിക്കണെന്ന് പറയുന്നത് അവിടുത്തെ അദ്വൈതയുടെ സിദ്ധാന്തമാണ് ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചമൊക്കെ നമുക്ക് പുറത്തിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അത് പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെയാണെന്ന് ചെറുതം പോലെ ഒരു മണ്ടത്തിലോ നമ്മളൂടെ ചേർന്നാലെ പ്രകൃതിയോ അതുപോലെ അപ്പോ നമ്മൾ ഇന്ദ്രജാലത്തിൽ പ്രവേശിച്ചു അതേ സാധ്യമാകും പ്രവേശിച്ചു കഴിഞ്ഞാൽ ചോദ്യം വരും അർജുനൻ ഭഗവാൻ ഭിന്നനാണോ അഭിന്നനാണോ അഭിന്നനാണെങ്കിൽ അർജുനൻ എന്ത് ചെയ്യുന്നു ഇന്ദ്രജാലം കാണുന്നവനാണ് പക്ഷെ ഭഗവാനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു ഇന്ദ്രജാലത്തെ ഇന്ദ്രജാലമായി കാണിക്കുന്നു അപ്പോ അർജുനനെ എന്താണ് ഇന്ദ്രജാലം ബാധിക്കുന്നില്ല ഭഗവാൻ ഉപദേശിക്കേണ്ട കാര്യമില്ല അർജുനന് മുക്തിയുടെ ആവശ്യമുണ്ട് മനസ്സിലായത് ഈ ഇന്ദ്രജാലത്തിൽപ്പെട്ടിരിക്കുന്ന അർജുനൻ ഭഗവാനെന്നൊന്നും ഭിന്നനല്ലെങ്കിൽ അഭിന്നനാണ് ഭഗവാനെങ്ങനെയാണോ മുക്തനായിരിക്കുന്നത് അതുപോലെ തന്നെ അർജുനനും മുക്തനാണ് അല്ലെ ഉപദേശിക്കേണ്ട ആവശ്യം ഇന്ദ്രജാലത്തിന്റെ കാഴ്ചക്കാരനാണോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ചെറിയ കവി പറഞ്ഞതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് ഉപാധി കൊണ്ട് തത്വത്തിൽ അർജുനൻ ഭഗവാനോട് അഭിന്നനായിരിക്കുന്നെങ്കിലും ഉപാധി കൊണ്ട് ഭിന്നനായിരിക്കുന്നു ഇന്ദ്രചാലത്തിൽപ്പെട്ടിരിക്കുന്നു ഇന്ദ്രജാലത്തിൽപ്പെട്ട് ഇന്ദ്രജാലത്തെ അനുഭവിച്ചു ഏ ആ ഇന്ദ്രജാലത്തിൽപ്പെട്ടിരിക്കുകയും ഇന്ദർജാലം സത്യമാണെന്ന് കരുതുകയും ഇന്ദർജാലത്തിലെ ഒരു കഥാപാത്രം അങ്ങനെ നമ്മളും സങ്കല്പിക്കുകയായി അല്ല വേറെ വഴിയില്ല അദ്വൈതം പറയുന്ന പൊട്ടത്തരം മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഇങ്ങനെയാണെങ്കിലും സങ്കല്പങ്ങളൊക്കെ ചേർക്കേണ്ടി വരും അർജുനെന്ന് പറയുന്ന ഇന്ത്യ നിയന്ത്രചാലപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രം അർജുനന് പരമാർത്ഥത്തിൽ ഭഗവാൻ തന്നെ അദ്വൈതമാണ് എന്തിനും ഒരുപാതി ഭേദമാണ് എന്താണ് ഉപാധി മായ വേറെ ഉപാധിയൊന്നുമില്ല മായയാകുന്ന ഭഗവാന്റെ ഇന്ദ്രജാലമാകുന്ന ഉപാധി ഉപാധി കൊണ്ട് എന്തു ചെയ്യുന്നു ഭഗവാന നന്യനായിരിക്കും ശരി ഈ ഇന്ദ്രജാലമാകുന്ന ഉപാധി കൊണ്ട് ഇന്ദ്രജാലത്തിൽപ്പെട്ടിരിക്കുന്ന അർജുനൻ ഇനി എന്തു ചെയ്യണമെന്ന് ഉപദേശം കേട്ട് ഈ ഇന്ദ്രചാലത്തിൽ നിന്ന് അതാണ് ഇനി ജോലി എന്നുവെച്ചാൽ ഈ ഇന്ദ്രചാലത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു അവരെയുള്ള അറിഞ്ഞു ഭഗവാനിൽ നിന്ന് ഉപദേശം ചെയ്ത് ആ ഇന്ദ്രചാലത്തിൽ നിന്ന് സ്വതന്ത്രനാണ് എന്ന് കൽപ്പിക്കേണ്ടി വരും കൽപ്പനകൾ അവിടെ എന്തിൽ നിന്ന മുക്തി നേടേണ്ടത് അർജുനൻ ഇന്ദ്രജാലത്തിൽ നിന്നാണ് അതാണ് പാതിജാലം ആരാ ഉണ്ടാക്കിയത് ഭഗവാൻ ഇനി ആ ഇന്ദ്രജാലം ഇല്ലാതാവണമെങ്കിൽ ആരും വിചാരിക്കുന്നു ഇന്ദ്രജാലം ഇല്ലാതാവണമെങ്കിൽ ആരും വിചാരിക്കുന്നു ഭഗവാൻ നിന്ന് വിചാരിക്കുന്നു അപ്പോ അർജുനന് ജ്ഞാനമുണ്ടായ ഇന്ദ്രജാലം മാറും മാറും സൃഷ്ടിച്ചാണ് ഇന്ദ്രജാലം അർജുനൻ അതിലൊരു കഥാപാത്രം മാത്രമാണ് ഇന്ദ്രജാലക്കാരൻ അവസാനിപ്പിക്കാതെ ഇന്ദ്രജാലം പോകത്തില്ല അല്ലെങ്കിപ്പോ നമ്മൾ ഇന്ദ്രജാലം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കേണ്ട ഇന്ദ്രജാലം അവസാനിക്കട്ടെ അത് അവസാനിക്കും നടക്കുന്ന കാര്യമാണ് അത് ഇന്ദ്രജാലക്കാരൻ തന്നെ വിചാരിക്കും നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇന്ദ്രജാലം അറിയാം ഇന്ദ്രജാലം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ജ്ഞാനിയായിട്ട് ഒരാളെയും അത് ഭഗവാൻ ആ ഭഗവാന്റെ ഇതിലാണ് ഇന്ദ്രജാലത്തിന്റെ സർവരഹസ്യങ്ങൾ അതിൽപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരെയും അപ്പോൾ നമ്മളെല്ലാം ഇത് ഏകജീവവാദം പോലെ അവർ കാരണം ഏകജീവവാദമാണ് ഈ പറഞ്ഞു വരുന്നത് ഒരാളിന്റെ സ്വപ്നം അതിനാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ദോഷങ്ങൾ വരുമോ അതെല്ലാം വിജയില്ല കാരണം ഇവിടെ ഇന്ദ്രജാലക്കാരനായി ഒരാളെയും ഉണ്ട് ഇന്ദ്രജാലം ഒരാളുടെ കയ്യിലാണ് സ്വപ്നം കാണുന്നവനായി ഒരാളെയുമുണ്ട് സ്വപ്നം അവന്റെ ലോകമാണ് സ്വപ്നത്തിന്റെ ഒരു കഥാപാത്രം വിചാരിച്ചാലും സ്വപ്നത്തിൽ നിന്ന് മോചനം കിട്ടത്തില്ല സ്വപ്നത്തിൽ നിന്ന് മോചനം നോക്കിയിട്ട് പോകുന്നതിന് വേണം സ്വപ്നം കാണുമ്പോൾ സ്വപ്നം ഏകജീവവാദത്തിലേക്ക് പോയാൽ വരുന്ന ദോഷങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുക അപ്പോ ആ ഏകജീവവാദത്തിന്റെ ദോഷങ്ങൾ എല്ലാം വരുന്നത് ഒരാളുടെ സ്വപ്നം കാണും അവിടെ സ്വപ്നം കാണുന്നതിന് അവരവിടെ ഇന്ദ്രജാലക്കാരണം എന്ന് പറഞ്ഞേ വന്നു പറഞ്ഞു തന്നെ ഇന്ദ്രജാലം കാണുന്നവനെന്ന് പറയുന്നത് ഇന്ദ്രജാലത്തിന് പുറത്താണെങ്കിൽ ശരിയാകും അകത്താണെങ്കിലും നമ്മൾ സ്വപ്നത്തിന്റെ അകത്താണെങ്കിലും നമ്മളെപ്പോ ഇപ്പൊ സ്വപ്നത്തിനകത്താണെങ്കിലും ഇവിടെ ആരാണോ സ്വപ്നം കാണുന്നത് അയാളുടെ സ്വപ്നം മാറുമ്പോൾ നമ്മളെല്ലാം ഏകജീവവാദത്തിന് തുല്യമാവും അതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ പറയുക ശരിയാവത്തില്ല എന്താണ് ഇതെല്ലാം അഭീരി പറയുന്നു ഭഗവാന്റെ ഇന്ദ്രജാലമാണ് അതിലൊക്കെ പെട്ടിരിക്കുകയാണ് ഒന്നാണ് ഇത് ഇതിനകത്ത് വേണ്ടി ചോദ്യങ്ങളും ഉത്തരങ്ങളും വരാം മുമ്പോട്ട് ഞാൻ ഇവിടെ നിർത്തിയാണ് എന്നുള്ള ഒരു അബദ്ധം പറഞ്ഞു പോയി ഇതിനകത്ത് ചോദ്യങ്ങൾ വരന്നു വരാം ഭഗവാന് ഇന്ദ്രജാലത്തെ പെട്ടവനത്തിന്റെ ഇന്ദ്രജാലം പഠിപ്പിച്ചുകൂടെ അങ്ങനെയൊക്കെ ചോദിക്കാം അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിരവധി ചോദ്യങ്ങളോട് ചോദിക്കണം അങ്ങ് പോയി കഴിഞ്ഞാൽ ചർച്ച തീരത്തുണ്ട് പക്ഷെ ഇതിന് പറഞ്ഞ രണ്ട് പ്രധാനമായ കാര്യം ഒന്നെന്താണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അർജുൻ ഇന്ദ്രജാലത്തിന്റെ പുറത്താണ് അത് കാരണം മായ ആണ് ദ്വൈത പ്രപഞ്ചത്തെ ഇന്ദ്രജാലമാണ് സിക്ഷിച്ചിരിക്കുന്നെങ്കിൽ അർജുനം പുറത്തേക്കാൻ പറ്റും നമ്മുടെ സാധാരണ ഇന്ദ്രജാലം പോലെയല്ല ഇന്ദ്രജാലത്തിൽ മൂന്നുപേരുണ്ടോ ഇന്ദ്രജാലം കാണിക്കുന്ന ആണ് മറ്റൊന്ന് ഇന്ദ്രജാലം മറ്റൊന്ന് പുറത്തുനിന്ന് ഇന്ദ്രജാലം കാണുന്ന ആണ് അല്ലെ അങ്ങനെയല്ല അപ്പോ കാണുന്നവനീ അപ്പോൾ അങ്ങനെ ഒരുപാട് ചേർന്ന് പ്രശ്നങ്ങൾ ഒരു ഇന്ദ്രജാലത്തിനകത്ത് ഒരു മനുഷ്യനെ കാണിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് എന്താണ് സ്വയം അവന് ഇന്ദ്രജാലത്തെ സത്യമായി കാണുമോ മിഥ്യയായി കാണുമോ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ഇന്ദ്രജാലത്തിന് കേവലം സൃഷ്ടിയായ ഒരു കഥാപാത്രം എങ്ങനെ ഭഗവാനോട് അഭിന്നനാകും ഭിന്നനാകും ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉദാഹരണത്തോടെ വിശദീകരിക്കാൻ പ്രയാസം ഇന്ദ്രജാലം ശരിയാണ് അവിടെ ശരിയാണ് ഇന്ദ്രജാലം കാണിക്കുന്നവരാ ഇന്ദ്രജാലം കൊണ്ട് കാണുന്നവൻ പുറകെയോ ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇന്ദ്രജാലം കാണിക്കുന്നതാണ് ഇന്ദ്രജാലയോ പുറത്താരും അതാണ് ഉദാഹരണത്തിന് വേണ്ടി ചേരാത്തത് മൂന്നുണ്ട് ദൃഷ്ടാന്തത്തിൽ മൂന്നുണ്ട് രാഷ്ട്രാന്തികത്തിൽ രണ്ടുകളുണ്ട് അപ്പോ ഇവിടെ എന്താ പറയുന്നത് എന്തോ ആയിക്കൊള്ളോട്ടെ പറയുന്നു ഭഗവാന് തത്വജ്ഞാനമുണ്ട് പക്ഷെ ഭഗവാൻ പ്രപഞ്ചം നിമർപ്പിക്കുന്നില്ല തത്വജ്ഞാനം ഉണ്ടായത് കാരണം ഭഗവാന് തത്വജ്ഞാനമുണ്ട് പ്രപഞ്ചം ഭഗവാന് ഇന്ദ്രജാതമുണ്ട് അതിങ്ങനെ തുറന്നുകൊണ്ടേക്കാം അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമുണ്ട് തത്വജ്ഞാനം കൊണ്ടുള്ള അജ്ഞാനം നിർത്തി ഭഗവാനെ സംബന്ധിച്ചിട അജ്ഞാന രാഹിത്യമില്ല ആ മായ തന്നെയാണ് അതുകൊണ്ട് ഭഗവാനുപദേശിക്കാം എന്തുകൊണ്ട് ഭഗവാന് ജ്ഞാനമുണ്ടെങ്കിൽ ഉപദേശിക്കാം എന്തുകൊണ്ട് ഇന്ദ്രജാലം ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ അജ്ഞാനം വെച്ച് പ്രപഞ്ചം നിവർത്തിച്ച് ഉപദേശിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരവസ്ഥ ഭഗവാന് വരത്തില്ല മനസ്സിലാക്കി ഭഗവാന് ജ്ഞാനമുണ്ട് അജ്ഞാനം നിവർത്തിച്ച് പ്രപഞ്ചം നിവർത്തിച്ച് ദ്വൈതമില്ലാതെ വരിക ഉപദേശിക്കാൻ പറ്റാതെ അങ്ങനെയൊന്നും സംഭവിക്കും എന്തുകൊണ്ട് ഭഗവാന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ അതങ്ങനെ അവിടെ ഇരിക്കും ഏകജീവിവാദം പറയുന്നത് പോലെ എന്താണ് അതിങ്ങനെ അനാനി അനന്തമായി തുറന്നുകൊണ്ടേ അതിൽ ഏകജീവിതത്തിൽ മുക്തി എന്ന് പറയുന്ന പ്രശ്നമാകും ഒരാൾക്കായിട്ട് മുക്തനാകാൻ പറ്റത്തില്ല ഇന്ദ്രജാലം ഒരാളുടേതായിട്ട് മാറത്തില്ല സ്വപ്നം ഈ സ്വപ്നത്തിൽ ഒരാളുടേതായിട്ട് സ്വപ്നം കാണുന്നവരുടെ സ്വപ്നം മാറിയാലും ഇത് കൂടുതൽ സങ്കീർണ്ണമായ ചർച്ചകളിലേക്ക് നമുക്ക് ആശംസ തത്വത്തെ വിശദീകരിക്കുമ്പോ ആ തത്വത്തെ വിശദീകരിക്കുന്ന മാർഗങ്ങൾ കുറച്ച് കൃഷ്ണമായാലും തത്വം വ്യക്തമായിരിക്കും തത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി നമ്മൾ കണക്ക് ചെയ്യുമ്പോ അതിന്റെ വഴികളെല്ലാം കൂടി സങ്കീർണ്ണമാണെങ്കിലും ഉത്തരം കറക്റ്റായി നമ്മൾ എത്തിച്ചേരും ചിലപ്പോൾ സങ്കീർണമായിരിക്കും ഉത്തരം നോക്കിക്കഴിഞ്ഞാൽ അത് തിറക്റ്റേ നൂറ് ശതമാനം കറക്റ്റ് ഉത്തര രണ്ടാവാൻ പാടില്ല ഉത്തരവെന്നായിരിക്കും അപ്പൊ ഇത് വളരെ സങ്കീർണമായിരിക്കും അവിടെയൊക്കെ വരും തർക്ക കർക്കശമായ ഭാഗങ്ങളിലേക്ക് ജാലും പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഭഗവാൻ ജ്ഞാനിയാണ് ജഗത്ത് ഭഗവാന്റെ ഇന്ദ്രജാലമാണ് കൊണ്ട് ഭഗവാന് ജ്ഞാനിയാണെന്ന് ഉപദേശിക്കാം ഭഗവാനെ സംബന്ധിച്ചോക്കെ പക്ഷെ ഈ ജ്ഞാനം ഉണ്ടാകുന്നവരെ സംബന്ധിച്ചടക്കം അവർക്ക് ജ്ഞാനം ഉണ്ടാകും അവരുടെ ഭ്രാന്തി മാറും അവരെ സംബന്ധിച്ചിടത്ത് ജഗത്ത് ഉണ്ടാകും ഇന്ദ്രജാലത്തിന്റെ അർജുനെന്നാണ് ഞാനോണ്ടായി അപ്പോ പിന്നെ ഇന്ദ്രജാലം കാണും അതും അവിടെ അതോടുകൂടി ഇന്ദ്രജാലം അവസാനിക്കും നിരവധി പ്രശ്നം അപ്പോ ഇന്ദ്രജാലം ഒരാൾക്കായിട്ട് മാറാൻ പറ്റില്ല കാരണം ഇന്ദ്രജാല കട്ടോള് ഭഗവാന്റെ അപ്പൊ ഭഗവാൻ സൃഷ്ടിച്ച സാധനമാണ് ഇന്ദ്രജാലം അത് അത് പ്രപഞ്ച സൃഷ്ടിയാണ് ഭഗവാന്മാരുടെ ആഗോളമാർ ഇന്ദ്രചാലതലം വിചാരിക്കാതെയാണ് ഇന്ദ്രജാലം മാറും അപ്പൊ അത് ഉത്തരവില്ലാത്ത ചോദ്യങ്ങളിലേക്കും ഉത്തരവുണ്ടെങ്കിൽ തന്നെ സങ്കീർണ്ണമായ ഉത്തരങ്ങളിലേക്കും ഇന്ദ്രജാല ഉദാഹരണത്തിലൂടെ ഈ പ്രശ്നത്തിന് സമാനം പറയുന്നത് ശരിയാവും ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ ജ്ഞാനമുണ്ട് സർവജ്ഞനാണെന്നുണ്ട് അജ്ഞാന ജ്ഞാനരാഹിത്യം ഇല്ല ഭഗവാന്റെ മായ തന്നെയാണ് അജ്ഞാനരാഹിത്യം ഇല്ല ഭഗവാന്റെ മായ തന്നെയാണ് അടക്ക ഇത്രയും ശരി പക്ഷേ അർജുനന്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നം ഇനി ഭഗവാനെ വിടാം ഇവിടെ ഭഗവാൻ കുഴപ്പം അറിഞ്ഞല്ലോ അർജുനന്റെ പ്രശ്നം ഇനി അർജുനന്റെ ഭാഗത്തേക്കുള്ള അതായത് തത്വജ്ഞാനികൾ ഗുരുക്കന്മാർ അവരിലെന്താ സംഭവിക്കും അതായത് ഒരു ആളിന് ജ്ഞാനമുണ്ടായി അയാളുടെ അജ്ഞാന അജ്ഞാനകാര്യമായ പ്രപഞ്ചവും ലഭിച്ചു പിന്നെ അയാളങ്ങനെ ശിഷ്യനെ ഉപദേശിക്കുന്നത് രാമാനുജാചാരി ചോദിച്ച ചോദ്യമാണ് ഒരു മനുഷ്യൻ തത്വജ്ഞാനിയായി അജ്ഞാനം നിശ്ചിച്ചു അജ്ഞാനകാര്യമായ പ്രപഞ്ചം നിശ്ചിച്ചു മറ്റേ ഇന്ദ്രജാതമൊക്കെ തക്കാലം മാറ്റിയിട്ടുണ്ട് അപ്പോ അയാളെങ്ങനെ ശിഷ്യന് ഉപദേശിക്കുന്നുണ്ട് പിന്നെ അവരെ ശിഷ്യൻ ഇല്ല അജ്ഞാനകാര്യമാണ് പ്രപഞ്ചം പ്രപഞ്ചം നിശ്ചയിച്ചാൽ ശിഷ്യത്തില്ല ഇതങ്ങനെ ഇതിന് സാറിന അദ്വൈതികൾ പറയുന്ന മറുപടിയാണ് ഇവിടെ വെങ്കടനാഥ് അവർ അവിടെ അജ്ഞാനത്തിനും ബാധ സംഭവിച്ചാലും ബാധിത അനുവർത്തി സംഭവിക്കും അതുകൊണ്ട് ഉപദേശിച്ചു പ്രത്യേകം മനസ്സിലാകും അജ്ഞാനത്തിനും ബാധ സംഭവിച്ചാലും ബാധിത അനുവൃത്തി ഇതൊരു പരമാവധമാണ് അദ്ദേഹം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അതിന് ഉദാഹരണം പറയുന്ന എന്താണ് രജിത് അതായത് ഒരാൾക്ക് രഞ്ച് സർപ്പം ഭ്രാന്തി ഉണ്ടായി അതിന് ബാധ സംഭവിച്ച തത്വജ്ഞാനം കൊണ്ട് എന്നുവെച്ചാൽ രഞ്ച് ജ്ഞാനം കൊണ്ട് ബാധ സംഭവിച്ചെന്നു വെച്ചാൽ പിന്നെ സർപ്പമേ ഉള്ളൂ അയാളുടെ ഭയകമ്പാതികൾ തുടരും എന്നുവെച്ചാൽ അയാളൊരു ഭയം പറയലക്കപ്പം കുറച്ച് സമയങ്ങളിൽ അതിന്റെ തത്വജ്ഞാനികു പ്രപഞ്ചത്തിന് ബാധ സംഭവിച്ചാലും വീണ്ടും പ്രപഞ്ചത്തിന്റെ അനുവദത്തി തുടരുകയും കുറച്ച് സമയത്തെ ഭയവും സർപ്പഭ്രാന്തി മാറിയാലും കുറച്ച് സമയത്തൂടി എന്താണ് ഭയവും വേറെലുമൊക്കെ ഉള്ളതുപോലെ ഇതൊരു ഭയങ്കര പമ്പര ഉണ്ടിന്നോ എന്താണ് ഇതിന്റെ വെള്ളിത്തം ഇന്ന് കൂടിയിട്ടിരിക്കുന്ന എന്റെ വെള്ളിത്തം എത്രയോ കാലം കൊണ്ട് നിങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു മനസ്സിലായി അതൊക്കെ തന്നെ ഈ പറയുന്നു ബാധ്യത അനുഭവിക്കുന്നു ഇതിന്റെ അബദ്ധം മനസ്സിലായൊന്നാണ് ചോദ്യം ചോദിക്കുന്ന ചോദ്യം ഇതിൽ അബദ്ധം എന്താണെന്ന് മനസ്സിലായത് ഈ പറയുന്ന ബാധ്യത അനു അല്ല അത് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അതൊക്കെ അദ്വൈതികൾ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് നിങ്ങൾ അദ്വൈതികൾ സഹായിക്കേണ്ട കാര്യമില്ല അദ്വൈതിക്ക് പറ്റി അബദ്ധം എന്ന് മനസ്സിലാവുന്നുണ്ടോ അതിന് കൂടുതൽ പൊലിപ്പിക്കേണ്ട കാര്യമില്ല അത് കവര് ചെയ്തോ ഇനി അതിന്റെ അബദ്ധം ഒന്ന് ശ്രദ്ധിക്കുക അതായത് അദ്വൈതി പറയുന്നത് എന്താണ് ബാധിത അനുവദത്തി അത് തെറ്റാണ് അപ്പൊ നോക്കുക ഒരാൾക്ക് യൂദാഹരണമെന്ന് പറയുന്നു ഒരാൾക്ക് സർപ്പഭ്രാന്തി ഉണ്ട് സർപ്പഭ്രാന്തി ഉണ്ടായതിന്റെ ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അയം സർപ്പ എന്നുള്ള ബോധം സർപ്പമെല്ലാം നോക്കി ബാധിതമായതെന്താണ് അവിടെ സർപ്പവും സർപ്പ എന്ന് പറയുന്ന വിഷയവും സർപ്പജ്ഞാനവും ബാധ്യത അത് അനുവർത്തിക്കുന്നുണ്ടാവും അത് തുടരുന്നുണ്ട് ബാധ്യത അനുവർത്തി അവിടെ ഇല്ല ഈ അദ്വൈതകളെ ആൾക്കാർ കണ്ണി കൊടികടൻ ഭയങ്കര വിദഗ്ധന്മാരാണ് മനസ്സിലായോ അവിടെ പിന്നെ തുടരുന്നെന്താണ് അവിടെ തുടരുന്നത് കയറാണ് ബാധ്യതത്തിന്റെ അനുവൃത്തി ഒരിക്കലും ഇല്ല കയറവിടെ ഉണ്ടായിരിക്കും അതുപോലെ ഇയാൾക്ക് സർപ്പഭ്രാന്തി ഉണ്ടായപ്പോ ഇയാളുടെ ഉള്ളിൽ ഭയം ഉണ്ടായി അത് പരമാർത്ഥമാണ് ബാധിതമായ അയാളെ ശരീരം അത് പരമാർത്ഥമാണ് ബാധിതമാണ് സർപ്പഭ്രാന്തി ഉണ്ടാവുന്നതിന് നമ്മിനോ അയാളുടെ പരമാർത്ഥമുണ്ട് സർപ്പഭ്രാന്തി ഉണ്ടാവുമ്പോഴും ഉണ്ട് സർപ്പഭ്രാന്തി ബാധിച്ചു കഴിഞ്ഞാലും പരമാർത്ഥം അന്നും ബാധിതത്തിന്റെ അനുവൃത്തിയല്ല ത്തിന്റെ അനുവർത്തി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് പറയുന്നതാണ് ബാധ്യത അനുവർത്തി അങ്ങനെയൊരു സംഭവമേ ഇവിടെ ഇല്ല പരമാർത്ഥത്തിന്റെ അനുവർത്തിയോ എങ്ങനെയാണോ സർപ്പം ബാധിച്ചതിന് ശേഷം നമ്മൾ കയറിനെ കാണുന്നത് അതുപോലെയുള്ള ശരീരത്തിലെ ഭയവും നിറയലും എന്ന് പറഞ്ഞാൽ എന്താണ് ബാധ്യത അനുവർത്തി അങ്ങനെ ഒരു സാധനം ബാധ്യതമായത് ബാധിതമായി ഇത് സർപ്പമില്ല സർപ്പമാണ് ബാധിക്കുന്നത് സർപ്പജ്ഞാനമാണ് ബാധിക്കുന്നത് വിറയല്ല ബാധിച്ചത് മനസിലായ മനസ്സിലാവുന്നുണ്ടോ അഭീദിയുടെ പൊട്ടത്തരം മനസ്സിലായത് നിങ്ങൾ ഇത്രയും കാലം പറ്റിച്ച കാര്യം മനസിലായ ബാധ്യത അനുവർത്തിക്കുന്ന ഒരു സംഭവമേ മനസ്സിലാകുന്നുണ്ട് ചോദ്യം എന്തെങ്കിലും ഉണ്ടോ ബാധിത അനുവദത്തിക്ക് സർപ്പ ദൃഷ്ടാന്തം സർപ്പഭ്രാന്തി എടുത്തു കഴിഞ്ഞാൽ പരമാവധമാണ് ഒരു മതപ്രഭാഷണത്തിലും പോയതെന്നും പറയുന്നു വീണ്ടും ഇതൊക്കെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാധിതമായ ഇതിനെ കാണാൻ പറ്റിയിട്ട് പോയി പോയത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് പരമാർത്ഥം നേരത്തെ എന്ത് പരമാർത്ഥമാണോ അത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്രയുള്ള വ്യത്യാസം ഈ മനസ്സിൽ ആണ് ഈ ഭ്രമം എന്ന് പറയും മാനസികം അങ്ങനെ മനസ്സിന്റെ ഒരു ഭ്രമം ഉണ്ടാകും അപ്പോ ഒരു ഭ്രമജ്ഞാനം ഉണ്ടായത് ശരി അല്ല യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടായത് ശരി മനസ്സിന് ശരീരത്തിലൊക്കെ വികാരങ്ങളുണ്ടാവും അപ്പൊ ഭ്രമത്തെ തുടർന്ന് മനസ്സിലോ ശരീരത്തിലോ ഉണ്ടാകുന്ന വികാരങ്ങളൊന്നും ഭ്രാന്തിയല്ല അതൊക്കെ സ്വപ്നത്തിനൊക്കെ ഇത് തന്നെ സംഭവിക്കും സ്വപ്നത്തിന്റെ എന്താണ് പട്ടി കടിക്കാൻ വന്നുകഴിഞ്ഞാൽ നമ്മൾ നിറയ്ക്കും ഉണന്നു കഴിഞ്ഞാലും നിറയ്ക്കും അത് സ്വപ്നത്തിന്റെ അനുവൃത്തി എന്താണ് പിന്നെന്താണ് അത് പരമാർത്ഥത്തിന്റെ അനുവൃത്തിയാണ് സ്വപ്നം കൊണ്ട് എന്താണോ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചത് അത് തുടരുകയാണ് കുറച്ച് സമയം കൂടെ തുറന്നു മാറും അനുവർത്തി കൊണ്ട് ഗുരുക്കന്മാര് തത്വത്തിന് ശേഷം പ്രപഞ്ച കാരണമെന്നും പ്രപഞ്ചമെല്ലാം ബാധിച്ചതിനു ശേഷം ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നു എന്ന് പറയുന്നത് അർദ്വിയുടെ മഹാപുട്ടത്തരാണ് മനസ്സിലായോ അതിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടോ മനസ്സിലായോ ഇനി അടുത്തൊക്കെ പ്രശ്നം വരുന്നത് ഈ രാമാനുചാരി പറഞ്ഞ ഓരോ പ്രശ്നങ്ങളെ ഇട്ടെടുത്ത് മറുപടി ഇത് പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കുന്നത് ഇന്ദ്രജാലം പൊട്ടത്തരം ഇത് പൊട്ടത്തരും രാമായണകഥ പൊട്ടത്തരം പിന്നെ ഈ ഒരു പൊട്ടത്തിലും അതായത് ഒരാൾക്ക് രാമാനുചാരി എന്ന് എന്താണ് ഈ തത്വജ്ഞാനത്തിന് ശേഷം അജ്ഞാനവും അജ്ഞാനകാരിവുമായ പ്രപഞ്ചവും നിവർത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രപഞ്ചത്തെ ആശ്രയിച്ചിട്ടുള്ള വ്യവഹാരം എങ്ങനെ സംഭവിക്കുന്നത് എന്തെങ്കിലും വ്യവഹാര തത്വം ഞാനിങ്ങനെ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അതിന് ഇവിടെ അദ്വൈവം മനോരമ ുള്ളില് വാസന ഉണ്ടാവും തത്വജ്ഞാനത്തിന് ശേഷവും വാസന ഉണ്ടാവും അത് ഇവരുടെ ഏറ്റവും വലിയ മണ്ഡലമാണ് തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവൃത്തിച്ച് പ്രപഞ്ചത്തിന് ബാധ ഉണ്ടായിക്കഴിഞ്ഞാലും എന്തുവരും ഉള്ളില് വാസന ഉണ്ടായിരുന്നു അതിനൊരു ഉദാഹരണം പറയും ഒരാൾക്ക് ശുദ്ധിയിൽ രജതഭ്രഹ്മുണ്ടായി ഇത് ഞങ്ങളുടെ നാഥൻ ആചാര്യം പറയുന്നുണ്ട് ശുദ്ധിയിൽ രജതഭ്രമുണ്ടായി രജതഭ്രമുണ്ടായി കഴിഞ്ഞു അയാൾക്ക് മനസ്സിലായി രഹത വല്ല മുത്തിശിപ്പിയാണ് അത് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് അയാൾ പിന്നീട് കുനിഞ്ഞ് ആ അത് വള്ളിയാണ് എന്നുള്ള ബോധത്തോടുകൂടി എടുത്ത് ആ പറഞ്ഞുള്ള കാലം ശ്രമിക്കത്തില്ല അത് പോയി പിന്നെ ഞങ്ങളൊരു ഒരാൾ ശ്രമിക്കത്തില്ല അത് ശരിയാണ് രജതമല്ല മുത്തിച്ചുക്കിയാണ് വെള്ളിയല്ല മുത്തിച്ചുക്കിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെ അത് രജതമാണെന്നുള്ള രീതിയിൽ അയാൾ കുനിഞ്ഞവിടെ അത് ശരിയാണ് പറയുന്നതാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അജ്ഞാനം നശിച്ച് അജ്ഞാനകാരികമായ പ്രപഞ്ചവും ബാധിച്ചു പക്ഷേ അജ്ഞാനവാസന അജ്ഞാനവാസനയുള്ളതുകൊണ്ട് എന്തിനു അതുപോലെയല്ല രജതഭ്രമം പോലെയല്ല അജ്ഞാനവാസനയുള്ളതുകൊണ്ട് എന്തെയും ഈ പ്രപഞ്ചത്തിൽ അനുകൂലമായിട്ടൊക്കെ ഭക്ഷണം കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം അജ്ഞാനവാസന കൊണ്ട് പ്രതീലമാകുന്ന ഒരു പ്രപഞ്ച വ്യവഹാരം ഉണ്ടാവും സത്യമല്ല എല്ലാം അസത്യം ഉണ്ടെല്ലാം പോയി എങ്കിലും ഇത്രയും ഉണ്ടാവും അവിടെ കിടക്കും ഇതൊരു വലിയ അതിലൊരു ധർമ്മം പറയും ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം പറയുന്നു ഈ പരമ മണ്ഡലത്തിൽ ഉള്ളിയിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഉള്ളി എടുത്തു മാറ്റി കഴുകിയാലും എന്ത് വരും ഉള്ളിയുടെ മണം അവിടെ ഉണ്ടാകും ഭയങ്കര മെടുക്കു പോലെയുള്ള വേദികളെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പറയുന്നത് എത്ര മണ്ട എത്രണം എന്നുള്ളതായി ഉണ്ടെങ്കിൽ ഇപ്പൊ ഉത്തരം പറയണം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ തന്നെ ഇത്ര ഓണം പറയുന്നു എല്ലാം എന്ത് പറഞ്ഞാലും തലവലുക പാവങ്ങൾ കത്ത് പല പ്രശ്നങ്ങളും അതായത് അജ്ഞാനവും അജ്ഞാനകാരിയുമായ പ്രപഞ്ചവും ബാധിച്ചു കഴിഞ്ഞാൽ പറയും അജ്ഞാനമില്ല പ്രപഞ്ചമില്ല പിന്നെ വാസന എവിടെ തുടർന്നാൽ വാസനയ്ക്ക് ഇരിക്കാൻ ഒരിടമയുണ്ട് അജ്ഞാനത്തിലിരിക്കാൻ പറ്റിയില്ല പിന്നെ വാസന എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് അതിലിരിക്കുന്ന ഒരു സ്ഥലം വേണം അജ്ഞാനം നിവർത്തിച്ചു പ്രപഞ്ചവും നിവർത്തിച്ചു വാസനീകരിക്കാൻ സ്ഥലം പിന്നെ ആകെയുള്ള എന്താണ് അജ്ഞാനകാര്യമല്ലാത്ത ബ്രഹ്മം ബ്രഹ്മ നിർഗുണമാണ് വാസനീക ഇരിക്കാൻ പറ്റും ഇവിടെ രണ്ടേ ഉള്ളൂ ബ്രഹ്മവും പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ വാസനയ്ക്ക് ഇരിക്കാൻ അജ്ഞാനത്തില് ഇരിക്കാം പക്ഷെ അതെല്ലാം പോയി നിവർത്തിക്കില്ലാതായി ശുക്തിയുടെ രചിതം പോലെ അതൊന്ന് അപ്രത്യക്ഷമായിരുന്നു പക്ഷേ പിന്നെ ഇതിൽ ബ്രഹ്മത്തിലിരിക്കാൻ പോയി ബ്രഹ്മത്തിൽ ഇരിക്കാൻ അതുകൊണ്ട് ആദ്യം തന്നെ പ്രശ്നം ചെയ്താൽ ഈ വാസനയ്ക്കൊരു ഇരിപ്പിടമില്ല ഇതൊരു ഗുരുതരമായ പിന്നെ ഈ ഉദാഹരണം ഈ ഉദാഹരണം ഈ പറയുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല കടലും കടലാടിയും പോലെയുള്ള ബന്ധമുണ്ട് എന്തുകൊണ്ട് ഉള്ളിയിരിക്കുന്ന പാത്രത്തിൽ ഉള്ളി എടുത്ത് മാറ്റിയാലും അതിന്റെ വാസന ഉണ്ട് അത് ഉദാഹരണം എന്താണ് ഉള്ളിയുടെ കണങ്ങളുണ്ട് അതിന്റെ മോണിക്യൂൾസ് എവിടെയുണ്ട് തന്മാത്രകളുണ്ട് അത് പോകാത്ത കൊണ്ടാണ് മണക്കുന്നത് ഇത് രണ്ടും പരമാണത്വമാണ് രണ്ടിട്ടീസത്ത ഒന്നാണ് പുള്ളി എന്ന് പറയുന്നത് ഒരു പരമാർത്ഥ വസ്തുവാണ് അതിന്റെ കണങ്ങളെന്ന് പറയുന്നത് പരമാർത്ഥ വസ്തുവാണ് കണങ്ങൾ ഇരിക്കുന്നിടത്തോളം നല്ല അവിടെ അതിന്റെ മോണിക്യൂൾസ് അവിടെ ഇരിക്കുന്നിടത്തോളം നല്ല അവിടെ വാസകൾ വരും രണ്ടും ഒരേ സത്യമാണ് അവിടെ എന്താണ് അതിന് ഇരിക്കാനൊരു പാത്രം ഉണ്ട് പാത്രം എന്ന് പറയുമ്പോൾ പരമാർത്ഥമാണ് അപ്പം പരമാർത്ഥത്തിന് പരമാർത്ഥമായിരിക്കും അതെന്താ കുഴപ്പം പരമാർത്ഥം എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അവിടെ അതിന് തടസ്സമൊന്നുമില്ല അതൊരു വലിയ അത്ഭുതകരമായ കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് ഇതെല്ലാം നടക്കുന്ന പരമാർത്ഥത്തിന്റെ ലോകത്തിലാണ് ഇത് എന്താണ് മിഥ്യയുടെ ലോകത്തിലല്ലാണത് ഇവർ പറയുന്നവരെ ഇത് ശുദ്ധിരജ ശുദ്ധികാരജതത്തിന്റെ ആ ലോകത്തിലാണത് യഥാർത്ഥത്തിന്റെ ലോകത്താണ് അവർ പറയുന്ന ഈ അദ്വൈനികൾ പറയുന്ന ആ രജതത്തിന്റെ സ്ഥാനത്തിന്റെ അതെല്ലാം നടക്കുന്നത് ശുദ്ധിയുടെ സ്ഥാനത്താണ് പരമാർത്ഥത്തിന്റെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ നടക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താണ് ജഗത് വിഥ്യ മിഥ്യ ജഗത്ത് ബാധിച്ചു ബാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഉള്ളിയുടെ സംസ്കാരം പോലെ ഉള്ളിയുടെ സംസ്കാരം പാത്രത്തിൽ ഇരിക്കുന്നത് പോലെ ഈ സംസ്കാരത്തിൽ ഇരിക്കാൻ ഒരിടമില്ല ഉണ്ടാ ഉണ്ടവിടെ അതുകൊണ്ട് ആ പറയുന്നത് പരമാബദ്ധമാണ് അങ്ങനെ പ്രപഞ്ച ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇവിടെ ജേഷിക്കത്തില്ല പിന്നെ ഒരു വാസനയും ഉണ്ടാകത്തില്ല ഒരു ഉള്ളിയും കാണത്തില്ല ഒരു ഉള്ളിയുടെ മണ്ണും കാണത്തില്ല ഇവിടെ ഒന്നും കാണത്തില്ല ഈ ഗുരു മാത്ര ശിഷ്യൻ കാണത്തില്ല ഒരു വ്യവഹാരം നടക്കത്തില്ല എല്ലാം പറഞ്ഞു ഇപ്പൊ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ടാവും അതുകൂടെ അതായത് മറ്റൊരു പ്രശ്നം രാമാനുചാര്യ പറഞ്ഞത് ഗുരുവിന് തത്വജ്ഞാനം ഉണ്ടായി ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് തന്നെ അജ്ഞാനവും അജ്ഞാനകാരിയുമായി പറഞ്ഞു പോയെങ്കിൽ പിന്നെ ശിഷ്യനും ഇല്ലല്ലോ പിന്നെ ശിഷ്യനെന്തിന് ഉപദേശിക്കണം എന്നുള്ളതാണ് പരിശോധന മനസ്സിലാക്കുക ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് അജ്ഞാനവും അജ്ഞാനകാരിമായ പ്രപഞ്ചവും പോയി ശിഷ്യനില്ല ശിഷ്യൻ എന്തിനാ ഉപദേശിക്കുന്നത് ഒരു ഗുരുവിന്റെ ശിഷ്യനെ ഉപദേശിക്കാൻ പറ്റില്ല ഉടുക്കന്മാരുടെ കാര്യങ്ങൾ പറയുന്നു ഭഗവാന്റെ കാര്യം നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്വൈതി പറയുന്നത് അസംബന്ധം എന്നാ പറയുന്നു അതാ ഭഗവാൻ തന്നെ പറയും നമ്മളെല്ലാം ധരിച്ചു കളയുന്നത് അദ്വൈതിയുടെ ഈ കൽപ്പനകളൊക്കെ അസംബന്ധമൊന്നും പുള്ളിക്കഥയിൽ ഒക്കെ അസംബന്ധം ഇതാണ് എന്റെ അദ്വൈതി മറുപടി പറയുന്നെങ്കിലും ഇപ്പൊ ഇത് ഒരു വീടിൽ വീട്ടിന്റെ ആകാശം ഈ വീട്ടിന്റെ അകത്തെ ആകാശം പോലെയാണ് ഗുരുവിന്റെ ഇരിക്കുന്ന ബ്രഹ്മം ഇതിന്റെ അകത്ത് ഈ ഈ ഫ്ലാസ്കിന്റെ അകത്തേക്കുന്ന ആകാശം പോലെയാണ് ശിഷ്യന്റെ ബ്രഹ്മം ശിഷ്യന്റെ ഇരിക്കുന്ന ബ്രഹ്മം അപ്പോ ഇവിടെ വെങ്കടനാഥാചാര്യം പറയുന്നത് ഈ കെട്ടിടം ഈ ഉപാധിയെ നശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകാശം കാണുന്നു ഇത് നശിച്ചു എന്ന് ഈ ഫ്ലാസ്ക് നശിക്കണമെന്നുണ്ടാവും അപ്പൊ എന്തുവരും ഇതൊക്കെ പോയി കഴിഞ്ഞാലും അർജുനനാകുന്ന ഈ ഫ്ലാസ്കിന്റെ അകത്തിരിക്കുന്ന ബ്രഹ്മയുടെ ഉണ്ട് അർജുനനുണ്ട് അപ്പൊ അർജുനന് ഉപദേശിക്കാമെന്നൊന്നാണ് എന്നുവെച്ചാൽ മഠാകാശം മഠം നശിച്ചാതെ നിക്കും അതുകൊണ്ട് ഘടാകാശം ഘടം നശിക്കത്തില്ല അപ്പൊ ഘടമുണ്ട് ഘടാകാശമുണ്ട് ഉപദേശിക്കാം ഇതാണെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധം എന്തുകൊണ്ട് മഠാകാശം എന്നിട്ട് മഠം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവില്ലാതെ ഉപാധി ഉണ്ടെങ്കിൽ ആരോള്ളൂ ഗുരുവേ ഉള്ളൂ ഗുരുവിന് ശരീരം മൂക്കൊക്കെ വേണ്ടേ ഈ മഠം അങ്ങ് നശിച്ചു പിന്നെ ആകാശം മാത്രമേ ഉള്ളൂ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഗുരുവുണ്ടാവൂ ഇല്ല ഇനിയിപ്പൊ ഇത് നശിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ ഈ ശിഷ്യന് ഉപദേശിക്കാൻ ഇവിടെ ഗുരുവേ ഇവിടെ ഗുരുവില്ലാതെ ശിഷ്യൻ കാണും ശരീരം അപ്പം മഠാകാശം നശിച്ചു കഴിഞ്ഞാൽ മഠ മഠം നശിച്ചു കഴിഞ്ഞാൽ മകാ മഠാകാശം നിലനിൽക്കും പക്ഷെ ഗുരു കാണത്തില്ല ഗുരുവേണെങ്കിൽ ബാധിക്കണം ഗുരു വേണമെങ്കിൽ ശരീരം വേണം വേണം നാക്ക് വേണം ഉപദേശിക്കും മഠം നശിക്കാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോയി ആകാശം മാത്രമേ ഉള്ളൂ സമ്മതിക്കൂ എന്താണ് ശിഷ്യൻ പ്ലാസ്താവ് അത് ശിഷ്യൻ അവിടെ നോക്കിയാൽ ചുറ്റുപാട് ഗുരുവിനെ കാണത്തില്ല പിന്നെ എന്തുമാത്രമേ കാണത്തുള്ളൂ വെറും ആകാശം അബദ്ധം മനസ്സിലായോ ഏ അതുകൊണ്ട് എന്താണ് ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് അജ്ഞാനവും പ്രപഞ്ചവും എല്ലാം ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നും നടക്കത്തില്ല ഈ പറയുന്ന അദ്വൈതകൾ പറയുന്ന ഒരു കാര്യവും നടക്കത്തില്ല അതുകൊണ്ട് അദ്വൈതകളെ പറയുന്ന മുഴുവൻ പരമാവധി പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് അവകാശമുണ്ട് ചോദിക്കാം മറുപടി പറഞ്ഞതിന് അഴിലേക്ക് പോകും എന്തെങ്കിലും ചോദ്യം ഒരു ചോദ്യം വരുന്നില്ല ചോദ്യം വേണമെങ്കിൽ കുറച്ച് പുരുട്ട ബുദ്ധി വേണം അത് നിങ്ങൾക്കില്ല അങ്ങനെ നിഷ്കളങ്കരായ മനുഷ്യൻ എനിക്കല്പ പുരുട്ട ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൊടുക്കുക ചോദിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ചോദ്യമുണ്ടോ അതുകൂടെ പറഞ്ഞിട്ട് അത് വെങ്കടനാഥൻ ചർച്ച ചെയ്യുന്നതല്ല ഈ എന്താണ് അജ്ഞാനം നശിക്കുക പ്രപഞ്ചം ബാധിക്കുക എന്നൊക്കെ പറയുന്ന മരുമരീചിക പോലെയല്ലേ രുമരീചിക അനുവർത്തിക്കുന്നത് പോലെ എല്ലാം അനുവർത്തിച്ചൂടെ ഗുരുവിശിഷ്യനും ഒക്കെ ഇവിടെ നിലനിൽക്കത്തില്ലേ ഉപദേശിച്ചൂടെ ഈ പറഞ്ഞേക്കാബ്ദല്ലേ എന്ന് ചോദിക്കുന്നു അദ്വൈതീടെ കച്ചിത്തുരുമ്പാണ് മൂങ്ങി താഴാൻ പോവുകയാണ് മനസ്സിലായോ ലാൻഡ് സ്ലൈഡ് ലാൻഡ് സ്ലൈഡ് പഠിക്കുകയാണ് പോവും അണിയിൽ പോവും മണ്ണിഞ്ഞ് അടിയിൽ പോവും അവസ ഒരു ലക്ഷാത്തോളം പ്രവർത്തകനുണ്ടാവണം അദ്വൈതി അന്വേഷിക്കാതെ അതൊക്കെ പോലെയാണ് എന്ന് പറഞ്ഞാലോ ബത്വം പറയാൻ എന്തുകൊണ്ട് മരും സംഭവിക്കുന്ന എന്താണ് ഭ്രാന്തി അവിടെ ഈ നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെയുള്ളത് അത് പരമാർത്ഥം തന്നെ ഭ്രാന്തി എന്താണ് നിവർത്തിക്കുന്നത് നിവർത്തിക്കുന്നു എന്താണ് ഭ്രാന്തി അത് വെള്ളമാണെന്നുള്ള ബുദ്ധി വെള്ളമാണെന്നുള്ള ബോധം അത് നിവർത്തിച്ചു പിന്നെ അവിടെ കാണുന്ന എന്താണ് വായുവും മരുഭൂമിയും ചൂടും റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഇതൊക്കെയാണ് കാണുന്നത് അതൊക്കെ പരമാർത്ഥമാണ് അത് നിവർത്തിക്കില്ല എന്നുണ്ടാവുന്ന ഭ്രാന്തിക്കൊന്നും തന്നെ ഏ കാന ജനം എന്ന് പറയുന്നത് യഥാർത്ഥ സംഭവമാണ് അത് വെള്ളമാണെന്ന് കാണുന്നതാണ് ഭ്രാന്തി അവിടെ നിങ്ങൾ എന്താ കാണുന്നത് ഇങ്ങനെ അലയടിക്കുന്നതല്ലേ അത് റിഫ്രാക്ഷനാണ് അതൊരു ഭൗതിക പ്രതിഭാസമാണ് വാസ്തവമാണ് നിങ്ങളെ പ്രതിബിംബം പോലെയാണ് ഏ അപ്പൊ ഉദാഹരണം വെച്ച് നിങ്ങളൊന്നും സമൃദ്ധിക്കാൻ പോകരുത് നമ്മൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞ ഉദാഹരണമൊക്കെ പിൻവലിച്ചത് പ്രശ്നം തരും ചർച്ച തരും നിങ്ങൾ പറയുന്ന ഉദാഹരണം നിങ്ങൾ മനസ്സിലാകാത്തതാണ് പ്രശ്നം ഉദാഹരണത്തിന് കുഴപ്പമൊന്നും ഇല്ല അവിടെ എന്താണ് ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ് ആ കാണുന്നത് ജലമാണെന്നുള്ള ബുദ്ധി അത്രയേ ഉള്ളൂ അത് ഭ്രാന്തിയല്ല അത് തിരിച്ചറിയുന്നത് അവിടെ കാണുന്ന എല്ലാം തന്നെ എന്താണ് മരുഭൂമിയാണ് വായുവാണ് പ്രകാശഗർഭങ്ങളാണ് ഒരു ഭ്രാക്ഷനാണ് അതൊന്നും ഭ്രാന്തി അല്ല അതൊക്കെ ഉള്ളത് തന്നെയാണ് അതേതാ ഭ്രാന്തി ഭൗതികമാണെല്ലാം അതൊക്കെ പരമാർത്ഥമാണ് അവിടെ ഒരു ഭ്രാന്തി ഉണ്ടായി അതെന്താണ് അതിന് ജലമെന്നുള്ള ബുദ്ധി അത് മാറി അത് മാറിയാലും പിന്നെ ഈ കാണുന്ന ഒന്നും ബാധിത അനുവൃത്തിയല്ല ബാധിതമായതെന്താണ് ജലജ്ഞാനം അതിന്റെ അനുവൃത്തി പിന്നെയില്ല പിന്നെ കാണുന്ന എന്താണ് പരമാർത്ഥം ഈ എല്ലാ ഉദാഹരണവും ഒരുപോലെ എന്താണ് ശുക്തികാരകതവും ഏഹ് ഈ മരുഭരീതികളെല്ലാം ഒരുപോലെ തന്നെയാണ് എത്രയോ വർഷമായി ഈ അർത്ഥരീതിയുള്ള ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് ഇത് പറഞ്ഞ് പറ്റിച്ചാണ് പൊട്ടടിച്ചോണ്ടിരിക്കുന്നത് ഏ അതൊക്കെ ഇനിയും മനസ്സിലായി െന്ന് പറയും ഞാൻ മറുപടി പറഞ്ഞു വ്യവഹാരിക സത്യം പറയുന്ന അദ്വൈതി പറയുന്നു ഞാൻ തുടക്കത്തിന്റെ മറുപടി മറന്നു പോകും വീണ്ടും ഒന്ന് രണ്ടു മണ ഞാൻ വ്യവഹാരിക സത്തക്ക് ചോദ്യം ഓർമ്മയുണ്ടാകും വ്യാവഹാരിക സത്യെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു ആർക്കിന്ന് ഓർമ്മയുണ്ട് അദ്വൈതിയുടെ തല വ്യാവഹാരിക സത്യന്ന് പറയുന്ന അവർക്ക് മാത്രം കൊണ്ടു നടക്കാൻ പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു സാധനമല്ല ചുരുക്കി പറയാം വ്യാവകാരിക സത്യം നിങ്ങൾ പറയുന്നത് പരമാർത്ഥ സത്യയിൽ നിന്ന് ഭിന്നമാണോ ഭിന്നമാണോ അഭിന്നമാണെങ്കിൽ അത് പരമാർത്ഥം ഭിന്നമാണെങ്കിൽ അതെന്തായി മിഥ്യയായി ഭിന്ന വ്യാവകാരിക സത്യം പറയുന്ന ഒന്നുമില്ല കാരണം ബ്രഹ്മ ഭിന്നമായെല്ലാം എന്താണ് മിഥ്യയാണ് അതും ആരോഗ്യതും ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മണ്ടന്മാരെ പറഞ്ഞ് പറ്റിച്ച് പൊട്ടടിച്ച് ജീവിക്കാം